ഈ ഐഹിക ജീവിതത്തിൽ അവർ ചിലവഴിക്കുന്നതിന്റെ ഉദാഹരണം തങ്ങൾക്കുതന്നെ ദ്രോഹം ചെയ്ത ഒരു ജനതയുടെ കൃഷിയെ ബാധിച്ച അതിശക്തമായ തണുപ്പുള്ള കാറ്റിനെപ്പോലെയാണ് അത് ആ കൃഷിയെ നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹു സുബഹാനഹുവ തയാല അവരോട് അനീതി കാണിച്ചതല്ല മറിച്ച് അവർ തങ്ങളോട് തന്നെയാണ് അനീതി കാണിച്ചത്